ധ്യായം പതിനാല് രാജാവിന്റെ മനസ്സ് അബ്ശാലൂമിന്റെ നേരെ ചാഞ്ഞിരിക്കുന്നു എന്ന് സെരൂയയുടെ മകനായ യോവാബ് അറിഞ്ഞപ്പോൾ തെക്കോവയിലേക്ക് ആളയച്ചു അവിടെ നിന്ന് വിവേകമതിയായ ഒരു സ്ത്രീയെ വരുത്തി അവളോട് മരിച്ചുപോയവനെക്കുറിച്ച് ഏറിയ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യയുടെ ഭാവത്തിൽ നീ ദുഃഖം നടിച്ചും ദുഃഖവസ്ത്രം ധരിച്ചും തൈലം പൂശാതെയും രാജാവിന്റെ അടുക്കൽ ചെന്ന് അവനോട് ഇന്നിന്ന പ്രകാരം സംസാരിക്കണമെന്ന് പറഞ്ഞു യോ വാബു വാചകം അവൾക്ക് ഇങ്ങനെ തെക്കോവക്കാരിത്തിയായ സ്ത്രീ രാജാവിനോട് സംസാരിപ്പാൻ ചെന്നു സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു രാജാവേ രക്ഷിക്കണമേ എന്ന് പറഞ്ഞു രാജാവ് അവളോട് നിനക്ക് എന്തു വേണം എന്ന് ചോദിച്ചതിന് അവൾ പറഞ്ഞത് അടിയൻ ഒരു വിധവയാകുന്നു ഭർത്താവ് മരിച്ചുപോയി എന്നാൽ അടിയന് രണ്ടു പുത്രന്മാർ ഉണ്ടായിരുന്നു അവർ വയലിൽ വച്ച് തമ്മിൽ കലഹിച്ചു അവരെ പിടിച്ചു മാറ്റുവാൻ രുമില്ലായക കൊണ്ട് ഒരുത്തൻ മറ്റവനെ അടിച്ചു കൊന്നു കുലം മുഴുവനും അടിയന്റെ നേരെ എഴുന്നേറ്റു സഹോദര ഘാതകനെ ഏൽപ്പിച്ചു തരിക അവൻ കൊന്ന സഹോദരന്റെ ജീവന് പകരം അവനെ കൊന്ന് അങ്ങനെ അവകാശിയെയും നശിപ്പിക്കട്ടെ എന്ന് പറയുന്നു ഇങ്ങനെ എന്റെ ഭർത്താവിന് പേരും സന്തതിയും ഭൂമിയിൽ വെച്ചേക്കാതെ എനിക്ക് ശേഷിച്ചിരിക്കുന്ന കനലും കെടുത്തുകളവാൻ ഭിക്കുന്നു രാജാവ് സ്ത്രീയോട് നിന്റെ വീട്ടിലേക്ക് പോക ഞാൻ നിന്റെ കാര്യത്തിൽ കൽപ്പന കൊടുക്കും എന്നു പറഞ്ഞു ആ തെക്കോവക്കാരുത്തി രാജാവിനോട് എന്റെ യജമാനനായ രാജാവെ കുറ്റം എന്റെ മേലും എന്റെ പ്രതിർഭവനത്തിന്മേലും ഇരിക്കട്ടെ രാജാവിനും സിംഹാസനത്തിനും കുറ്റമില്ലാതെ ഇരിക്കട്ടെ എന്നു പറഞ്ഞു അതിന് രാജാവ് നിന്നോട് വല്ലതും പറയുന്നവനെ എന്റെ അടുക്കൽ കൊണ്ടുവരിക അവൻ പിന്നെ നിന്നെ തൊടുകയില്ല എന്നു പറഞ്ഞു രക്തപ്രതികാരകൻ അധികം സംഹാരം ചെയ്യുകയും എന്റെ മകനെ അവർ നശിപ്പിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് രാജാവ് ദൈവമായ യഹോവയെ ോർക്കേണമേയെന്ന് അവൾ പറഞ്ഞു അതിനവൻ യഹോവയാണെ നിന്റെ മകന്റെ ഒരു രോമം പോലും നിലത്തെ വീഴുകയില്ല എന്നു പറഞ്ഞു അപ്പോൾ ആ സ്ത്രീ യജമാനനായ രാജാവിനോട് അടിയൻ ഒരു വാക്ക് ബോധിപ്പിച്ചുകൊള്ളട്ടെ എന്ന് പറഞ്ഞു പറക എന്ന് അവൻ പറഞ്ഞു ആ സ്ത്രീ പറഞ്ഞത് ഇങ്ങനെയുള്ള കാര്യം നീ ദൈവത്തിന്റെ ജനത്തിനു വിരോധമായി വിചാരിക്കുന്നതെന്ത് രാജാവ് തന്റെ ഭ്രഷ്ടനെ മടക്കി വരുത്താഞ്ഞതിനാൽ ഇപ്പോൾ കൽപ്പിച്ച വചനം കൊണ്ട് രാജാവ് തന്നെ കുറ്റക്കാരനെന്ന് വന്നുവല്ലോ നാം മരിക്കേണ്ടുന്നവരല്ലോ നിലത്ത് ഒഴിച്ചു കളഞ്ഞതും വീണ്ടും ചേർത്തുകൂടാത്തതുമായ വെള്ളം പോലെ ഇരിക്കുന്നു ദൈവം ജീവനെ എടുത്തു കളയാതെ ഭ്രഷ്ടനായവൻ തനിക്കിനിയും ഭ്രഷ്ടനായിരിക്കാത്തവണ്ണം മാർഗം ചിന്തിക്കുന്നു ഞാനിപ്പോൾ യജമാനനായ രാജാവിനെ ഈ കാര്യം ഉണർത്തിപ്പാൻ വന്നത് ജനമെന്നെ ഭയപ്പെടുത്തുക ഉണ്ടാവുന്നു അതുകൊണ്ട് ഇപ്പോൾ രാജാവിനെ ഉണർത്തിക്കട്ടെ പക്ഷെ രാജാവ് അടിയന്റെ അപേക്ഷപ്രകാരം ചെയ്യുമായിരിക്കും രാജാവ് കേട്ട് എന്നെയും എന്റെ മകനെയും ഒന്നിച്ച് ദൈവത്തിന്റെ അവകാശത്തിൽ നിന്ന് നശിപ്പിപ്പാൻ ഭാവിക്കുന്നവന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുമല്ലോ എന്ന് അടിയൻ വിചാരിച്ചു യജമാനനായ രാജാവിന്റെ കൽപ്പന ആശ്വാസമായിരിക്കട്ടെ ഗുണവും ദോഷവും തിരിച്ചറിയുവാൻ യജമാനനായ രാജാവ് ഒരു ദൈവദൂതനെപ്പോലെ ഇരിക്കുന്നു എന്നും അടിയൻ വിചാരിച്ചു അതുകൊണ്ട് നിരദൈവമായ ഹോവ നിന്നോടുകൂടെ ഇരിക്കുമാറാകട്ടെ രാജാവ് സ്ത്രീയോട് ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കുന്നു അതെന്നോട് മറച്ചുവെക്കരുത് എന്ന് പറഞ്ഞു യജമാനനായ രാജാവ് കൽപ്പിച്ചാലും എന്ന് സ്ത്രീ പറഞ്ഞു അപ്പോൾ രാജാവ് ഇതിലൊക്കെയും യോവാബിന്റെ കൈ ഇല്ലയോ എന്ന് ചോദിച്ചതിന് സ്ത്രീ ഉത്തരം പറഞ്ഞത് യജമാനായ രാജാവെ നിന്റെ ജീവനാണേ യജമാനനായ രാജാവ് അരുളി ചെയ്താൽ ഇടത്തോട്ടോ ആർക്കും മാറിക്കൂട നിന്റെ ഭൃത്യനായ യോവാബ് തന്നെ ആകുന്നു ഇതടിയനോട് കൽപ്പിച്ചത് അവൻ തന്നെ ഈ വാചകമൊക്കെയും അടിയൻ ഉപദേശിച്ചു തന്നത് കാര്യത്തിന്റെ രൂപം മാറ്റേണ്ടതിന് നിന്റെ ഭൃത്യനായ യോവാബ് ഇത് എന്നാൽ ഭൂമിയിലുള്ളതൊക്കെയും അറിവാൻ ഒരു ദൈവദൂതന്റെ ജ്ഞാനത്തിനൊത്ത വണ്ണം എന്റെ യജമാനൻ ജ്ഞാനമുള്ളവനാകുന്നു രാജാവ് യോവാബിനോട് ഞാൻ ഈ കാര്യം സമ്മതിച്ചിരിക്കുന്നു അതുകൊണ്ട് നീ ചെന്ന് അബ്ശാലോകുമാരനെ കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു യോവാബ് സഷ്ടംഗം വീണ് നമസ്കരിച്ച് രാജാവിനെ അഭിനന്ദിച്ചു യജമാനായ രാജാവെ അടിയന്റെ വാക്കുപോലെ രാജാവ് ചെയ്തതുകൊണ്ട് അടിയന് തിരുമുമ്പിൽ കൃപ ലഭിച്ചു എന്ന് അടി നിന്ന് അറിയുന്നു എന്ന് യോവാബ് പറഞ്ഞു അങ്ങനെ യോവാബ് പുറപ്പെട്ട് ഗശൂരിൽ ചെന്നു അബ്സാലൂമിനെ എരുസലേമിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു എന്നാൽ രാജാവ് അവൻ തന്റെ വീട്ടിലേക്ക് പോകട്ടെ എന്റെ മുഖം അവൻ കാണരുത് എന്ന് കൽപ്പിച്ചു അങ്ങനെ അബ്ശാലൂം തന്റെ വീട്ടിൽ പോയി രാജാവിന്റെ മുഖം കണ്ടതുമില്ല എന്നാൽ എല്ലാ ഇസ്രയേലിലും സൗന്ദര്യം കൊണ്ട് അബ്സാലോമിനോളം ശ്ലാഖ്യനായ ഒരുത്തനുമുണ്ടായിരുന്നില്ല അടി തൊട്ട് മുടിവരെ അവന് ഒരു ഊനവും ഇല്ലായിരുന്നു അവൻ തന്റെ തലമുടി ആണ്ടുതോറും കത്തിരിപ്പിച്ചുകളും അത് തനിക്ക് ഭാരമായിരിക്കയാൽ അത്രേ കത്തിരിപ്പിച്ചത് അവന്റെ തലമുടി കത്തിരിച്ചാൽ രാജതൂക്കത്തിന് ഇരുന്നൂറ് ശേഖൽ കാണും അബ്ശാലോമിന് മൂന്ന് പുത്രന്മാരും താമാർ എന്നു പേരുള്ള ഒരു മകളും ജനിച്ചിരുന്നു അവൾ സൗന്ദര്യമുള്ള സ്ത്രീ ആയിരുന്നു രാജാവിന്റെ മുഖം കാണാതെ അബ്ശാലോം രണ്ടു സംവത്സരം മുഴുവനും എരിശിലെ മിൽപ്പാർത്തു ആകയാൽ അബ്ശാലോം യോവാബിനെ രാജാവിന്റെ അടുക്കൽ അയക്കേണ്ടതിന് അവനെ വിളിപ്പാൻ ആളയച്ചു എന്നാൽ അവനവന്റെ അടുക്കൽ ചെന്നില്ല രണ്ടാമതും പറഞ്ഞയച്ചിട്ടും അവൻ ചെന്നില്ല അതുകൊണ്ട് അവൻ തന്റെ ഭൃത്യന്മാരോട് എന്റെ നിലത്തിനരികെ യോവാബിന് ഒരു നിലമുണ്ടല്ലോ അതിൽ യവം വിളഞ്ഞുകിടക്കുന്നു നിങ്ങൾ ചെന്ന് അത് തീവച്ച് ചുട്ടുകളവിനെന്ന് പറഞ്ഞു അങ്ങനെ അബ്ശാലൂമിന്റെ ഭൃത്യന്മാർ ആ ചുട്ടുകളഞ്ഞു അപ്പോൾ യോവാബ് എഴുന്നേറ്റ് അബ്ശാലൂമിന്റെ വീട്ടിൽ ചെന്ന് അവനോട് നിന്റെ ഭൃത്യന്മാർ എന്റെ കൃഷി ചുട്ടുകളഞ്ഞത് എന്തെന്ന് ചോദിച്ചു അബ്ശാലും യോവാവിനോട് ഞാൻ ഗശൂരിൽ നിന്ന് എന്തിനു വന്നിരിക്കുന്നു ഞാൻ അവിടെ തന്നെ പാർട്ടിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് രാജാവിനോട് പറവാൻ നിന്നെ അവന്റെ അടുക്കൽ അയക്കേണ്ടതിന് നീ ഇവിടെ വരേണമെന്ന് ഞാൻ പറഞ്ഞയച്ചുവല്ലോ എനിക്കിപ്പോൾ രാജാവിന്റെ മുഖം കാണേണം എന്നിൽ കുറ്റമുണ്ടെങ്കിൽ അവൻ എന്നെ കൊല്ലട്ടെ എന്നു പറഞ്ഞു യോവാ രാജാവിന്റെ അടുക്കൽ ചെന്ന് വസ്തുത അറിയിച്ചു അവൻ അബ്സാലോമിനെ വിളിപ്പിച്ചു അവൻ രാജാവിന്റെ അടുക്കൽ ചെന്നു രാജാവിന്റെ മുമ്പാകെ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു രാജാവ് അബ്സാലോമിനെ ചുംബിച്ചു